പറയുക എന്റെ ദാസന്മാരെ സ്വന്തം അതിക്രമം ചെയ്തവരെ അള്ളാഹു സുബഹാനുവ ഛായലായുടെ കാരുണ്യത്തെക്കുറിച്ച് നിങ്ങൾ നിരാശരാകരുത് തീർച്ചയായും അള്ളാഹുസുബാനുഹുവ ഛായാലല്ലാ പാപങ്ങളും പൊറത്തുകൊടുക്കുന്നവനാകുന്നു തീർച്ചയായും അവൻ ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു